അലഹമുല്ലാഷതു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുഹിറഹു അലദ്ദീനി കുല്ലി വകഫാ ബില്ലാഹി ഷഹീദ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദി കമാ സല്ലൈത അലാ ഇബ്രാഹിമാ വഅലാ ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദി കമ ആബാറക്താല ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അമ്മാ ബാഅദ ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാ വഖൈറൽ ഹദീഥി കിതാബുല്ലാ വഖൈറൽ ഹദീ ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദതാതുഹാ വ kull മുഹ്ദതതിൻ ബിദഅ വ kull ബിദഅതിൻ ദലാല ഔദുബിള്ളഹിമിന് ശേത്ത നിർവജം ബിസ്മില്ലാഹിഹമാനിർ യാുഹല്ല ആ മനുത്തകുൽഹു കാത്തിലുത മുത്തുന്ന ഇവ മുസ്ലിമോൻ യാഹ്ലൽക്കി തലൂപേ ദീനകുംവലത്തോലൂ ൂലു അലല്ലാഹി ഇല്ലാഹി വക്കലിമു അൽ കാ ഇലാ മറിയമവറൂഹം സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ ാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നാം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതായ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സർവ്വശക്തനായ സർവ്വലോക നിയന്താവായ അള്ളാഹുവിനെ അറിഞ്ഞും മനസ്സിലാക്കിയും അവന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിലുള്ള ഒരു ഉറച്ച ബോധമാണ് നമ്മുടെ ഭാവി ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളെ നാം അഭിമുഖീകരിക്കാനിരിക്കുന്നു എന്ന കാര്യം യഥാർത്ഥത്തിൽ മരണത്തിനിപ്പുറത്തും മരണത്തിനപ്പുറത്തുമായി അനേകം പ്രതിസന്ധികൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി മരണത്തിനും അതേപോലെ തന്നെ മരണത്തോടുകൂടി ആരംഭിക്കുന്ന മരണസന്ദർഭത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് യഥാർത്ഥത്തിൽ രണ്ട് പ്രതിസന്ധികളായിരുന്നാലും അതിനെ തരണം ചെയ്യുവാനുള്ള നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ കരുത്തും ചില പ്രതീക്ഷകൾ മാത്രമാണ് ഞാൻ മാരകമായൊരു രോഗത്തിന് വിധേയമാകേണ്ടി വന്നാൽ എന്നെ ചികിത്സിക്കാൻ എന്റെ അടുക്കൽ പണമുണ്ട് എന്നെ സഹായിക്കാൻ എനിക്ക് ബന്ധുക്കളുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ ഇവിടെയുണ്ട് എന്നതൊരുപക്ഷെ ഒരാത്മധൈര്യമായിരിക്കാം എന്നാൽ അത്തരങ്ങളിലൊന്നും പ്രതീക്ഷകളില്ലാത്ത ഒരാളെക്കുറിച്ച് ചിന്തിക്കൂ സഹോദരങ്ങളെ പണം അവന്റെ കൈയിലില്ല സഹായിക്കുവാൻ ബന്ധുക്കളില്ല ആരും തിരിഞ്ഞു നോക്കാനുള്ള സാധ്യതകളില്ല അങ്ങനെ ഞാൻ അവഗണിക്കപ്പെടും എനിക്കു മക്കളില്ല എന്റെ ചോരയിൽപ്പെട്ടവർ എന്നെ സംരക്ഷിക്കുവാൻ വരികയില്ല എന്ന ഒരു മുന്നിലില്ലാത്ത ഒരാളെ മനസ്സിൽ വിഭാവന ചെയ്തു നോക്കൂ എങ്കിലും അവിടെയും ചിലപ്പോൾ ഭൌതിക ജീവിതത്തിൽ ചില പ്രതീക്ഷകൾ ഏതെങ്കിലും ചെറിയ ചില പ്രതീക്ഷകൾ അവിടെ അവശേഷിക്കുന്നുണ്ടായിരിക്കാം എങ്കിലും ഏതെങ്കിലും മാനുഷ്യ സ്നേഹമുള്ളവൻ ഏതെങ്കിലും കരുണയുള്ള ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം എനിക്ക് വന്നേക്കാം അല്ലെങ്കിൽ അത്തരമൊരു പ്രതിസന്ധി വരാതെ ഞാൻ ഈ ലോകത്ത് കടന്നുപോയേക്കാം എന്തെങ്കിലും ഒരു പ്രതീക്ഷ അവിടെയും ബാക്കിയുണ്ട് എന്നാൽ സഹോദരങ്ങളെ മരണമില്ലാത്ത ഒരു ലോകത്തേക്കാണ് മരണം നമ്മളെ നയിക്കുന്നത് നമുക്കെല്ലാവർക്കും ദൃഢമായ ബോധ്യവും വിശ്വാസവും ഉള്ളൊരു കാര്യമാണ് അവിടെ അവിടെ ഒരു പ്രതീക്ഷയും ഇല്ലെങ്കിലോ അവിടെയും പ്രതീക്ഷകളാണ് നമ്മളെ നയിക്കുന്നത് നമ്മൾ ധാരാളം നന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ അള്ളാഹു പരിഗണിച്ചേക്കാം ചില തെറ്റുകൾ എന്റെ അടുക്കൽ വന്നു പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചിട്ടുണ്ട് പലരെയും ഞാൻ സഹായിച്ചിട്ടുണ്ട് പല ആരാധനകളും ഞാൻ ആത്മാർത്ഥയോടുകൂടെ നിർവഹിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഞാൻ ആത്മാർത്ഥമായും നിഷ്കളങ്കമായും എന്റെ പണം വിനിയോഗിച്ചിട്ടുണ്ട് ഒട്ടനവധി പ്രതീക്ഷകൾ നമുക്കുണ്ട് അതേപോലെ തന്നെ മഹാനായ റസൂൽ കരീം സലാഹു അലൈഹുയുടെ ഷഫാഹത്ത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവിടെയുണ്ട് അള്ളാഹു പ്രത്യേകമായി നിരകെത്തുന്നു സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തുന്നവരുണ്ട് അള്ളാഹു വിചാരണ എളുപ്പമാക്കി കൊടുക്കുന്നവരുണ്ട് അവിടെ ഏറ്റവും പ്രതിസന്ധി സന്ദർഭത്തിൽ അറിഷിന്റെ തണൽ കിട്ടുന്നവരുണ്ട് അവിടെ പല പ്രതീക്ഷകളുമുണ്ട് പരലോകത്തും എന്നാൽ സഹോദരങ്ങളെ പരലോകത്തൊരു പ്രതീക്ഷക്കും അവകാശമില്ലാത്ത എന്തെങ്കിലും ഒരു പ്രതീക്ഷയുടെ നാമ്പു പോലും മനസ്സിൽ വിചാരിക്കാൻ പറ്റാത്ത ആളുകൾ ആരാണ് ശിർക്കു വന്നുപോയ ആളുകളാണ് ശിർക്കു വന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിക്ക് പരലോകത്തിൽ എന്തെല്ലാം പ്രതീക്ഷകളുണ്ടോ ആ പ്രതീക്ഷകളൊന്നും ശിർക്കു വന്നവനില്ല ഞാൻ കുറച്ച് നന്മകൾ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷ ശിർക്കു വന്നവനില്ല കാരണം അവന്റെ ഒരു നന്മക്കും അവിടെ പാരമില്ല അവിടെ തൂക്കമില്ല വിശ്വാസത്തിൽ വ്യതിയാനം സംഭവിക്കുന്ന ഏത് രംഗത്ത് വ്യതിയാനം പലോക വിശ്വാസത്തിൽ വ്യതിയാനം സംഭവിച്ചാലും റിസാരത്തിൽ വ്യതിയാനം സംഭവിച്ചാലും സംഭവിച്ചാലും എല്ലാം അവനൊരു പ്രതീക്ഷയുമില്ല അവിടെ പ്രവർത്തനങ്ങൾക്കൊരു വിലയും ഒരു തൂക്കവും നാം കൽപ്പിക്കുകയില്ല മുഹമ്മദ് നബിയെ നീ തന്ന ശിർക്ക് ചെയ്താലും ഒരു പ്രവാചകൻ എന്ന നിലക്ക് അതിശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടുന്നതിന്റെ കൂടെ ഒരു ശിർക്കെങ്ങാനും സംഭവിച്ചാൽ നിന്റെ പ്രവർത്തനങ്ങൾ നിഷ്പലമായി പോകും ബിനുൽ ഹാസിൻ നീ നഷ്ടക്കാരിൽ പെട്ടുപോകും സഹോദരങ്ങളെ എല്ലാ വിചാരണയും കഴിഞ്ഞ് നരകത്തിലെത്തിയവർക്ക് പ്രതീക്ഷയുണ്ട് മനസ്സിന്റെ ഉള്ളിൽ തൗഹിതിന്റെ അംശമുണ്ടെങ്കിൽ ഒരു പക്ഷേ രണ്ട് പ്രതീക്ഷകൾ അവിടെ അവശേഷിക്കുന്നു ഒന്ന് അള്ളാഹു അനുവദിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ശപ്പാഹത്തിലൂടെ ഒരു പക്ഷെ നരകത്ത് അതുമല്ലെങ്കിൽ താൻ ചെയ്ത പാപങ്ങളെല്ലാം നരകത്തിന്റെ ശിക്ഷ ശേഷം ആ ഈമാനിന്റെ കണിക മനസ്സിലുള്ളത് കൊണ്ട് തൗഹീദുള്ളത് കൊണ്ട് തൗശിർക്ക് സംഭവിക്കാത്തത് അയാൾ തിരിച്ചു വന്നേക്കാം അവിടെ പ്രതീക്ഷയുണ്ട് ആർക്കാണ് ആ പ്രതീക്ഷ ഉള്ളത് മാത്രം നരകത്ത് തിരിച്ചു വരുന്ന പ്രതീക്ഷ ഷഫാഹത്തിന്റെ പ്രതീക്ഷ പിന്നെ എല്ലാ പ്രതീക്ഷകളും അവന് മാത്ര പാപം പുറത്തു കിട്ടുമെന്ന പ്രതീക്ഷ ആർക്കാണുള്ളത് ഷിർക്ക് മാത്രം ഷിർക്കല്ലാത്ത പാപങ്ങളെ പടച്ചോം പൊറുക്കൂ ശിർക്കൊരിക്കലും പടച്ചോം പൊറുക്കൂല അപ്പോൾ ഷിർക്ക് ചെയ്തവൻ പ്രതീക്ഷയറ്റവനാണ് നാളെ പരലോകത്ത് മരണത്തിനപ്പുറത്ത് ശൂന്യമാണ് അവന് മരണത്തിനപ്പുറത്ത് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ നിരകമാണ് അവരെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് സഹോദര പരലോകം ബോധ്യപ്പെട്ട ഒരാൾ ഏറ്റവും കാത്തു സൂക്ഷിക്കേണ്ടത് ഷിർക്കിന് തന്നെയാണ് അതുകൊണ്ടാണ് ഒരു കുഞ്ഞു മകനെ നൽകിയ ഹൃദയസ്പർശിയായ ഉപദേശങ്ങളിൽ പോലും ലുക്ക് ഏറ്റവും വലിയ അക്രമമാണ് മോനെ ഷിർക്ക് ഒരിക്കലും ഷിർക്ക് നിനക്ക് വന്നു പോകാൻ പറ്റൂല സഹോദരങ്ങളെ സ്വർഗമില്ല അത് പടച്ചവൻ തീർത്തു പറഞ്ഞു ഇന്നകൂമുഖ് ബില്ല ിൽ ജ സ്വർഗം അവൻ അള്ളാഹു നിഷിദ്ധമാക്കി സ്വർഗ്ഗം പിന്നോട് കൊടുക്കൂരാന്ന അത്ര ഉറപ്പിച്ചും തറപ്പിച്ചും അള്ളാഹു വിശുദ്ധ കുർആാനിൽ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഒരുപക്ഷെ ശിർക്ക് നമ്മളിൽ സംഭവിക്കുന്നില്ലായിരിക്കാം ഈ പള്ളിയിൽ ഈ ജുമാക്കൊരുമിച്ചു കൂട്ടിയ ഒരുത്തന്റെ കൈത്തണ്ടയിലും അരയിലും ഒരേലസ് ഇല്ലാതിരിക്കാം ഒരു പ്രതിസന്ധി വരന്ന് കാലു വഴുതിയാൽ നാം അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും വിളിക്കുന്നില്ലായിരിക്കാം എവിടെയെങ്കിലും ഒരു ഭണ്ഡാരപ്പെട്ടിയിൽ നമ്മൾ അള്ളാഹുവല്ലാത്തവന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് നേർച്ചു നേരുന്നില്ലാതിരിക്കാം അള്ളാഹുവല്ലാത്തവരുടെ പ്രീതിക്കും പർക്കത്തിനും വേണ്ടി അറുക്കപ്പെട്ടതിൽ നിന്ന് ഒരു മാംസത്തിന്റെ കഷ്ണം പോലും മനപൂർവ്വം ഭക്ഷിക്കുന്നില്ലായിരിക്കാം പക്ഷേ വിശ്വാസികൾ നിലക്ക് ഷിർക്കിലേക്ക് എത്തിപ്പെടുന്ന വഴികളെ നാം വളരെ ഗൌരവത്തോടു കൂടെ കാണേണ്ടതുണ്ട് ഷിർക്കിലേക്ക് എത്തിപ്പെടുന്ന വഴികൾ അതുകൊണ്ട് പണ്ഡിതന്മാർ അത് പ്രത്യേകം വിശദീകരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞ ഒന്നാമത്തെ കാരണം അൽഫ് ഇസ്വാഹീൻ സഹോദരങ്ങളെ അല്പം നന്നായി ജീവിക്കുന്നവരോട് അല്പം മതപരമായി അവഗാഹമുള്ളവരോട് വിവരമുള്ളവരോട് ഒരാദരവ് മനസ്സിലുണ്ടാവുക സ്വാഭാവികമാണ് നാം ദീനിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ദീനിനെ പ്രതിനിധീകരിക്കുന്നവരോടും ഒരു സ്നേഹം മനസ്സിലുണ്ടാകാം പക്ഷേ ആ സ്നേഹത്തിനൊരു പരിധിയുണ്ട് ആ ആദരവുകൾക്കൊരു പരിധിയുണ്ട് അത് ആരാധനയിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല ലോകത്തെ ജൂതക്രിസ്ത്യാനികൾ പിഴച്ചുപോയതിന്റെ ഏറ്റവും വലിയ കാരണം അവർ ഷിർക്കിലേക്കും ബഹുദൈവത്വത്തിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ദൈവമാണെന്ന് വാദിക്കുന്നതിലേക്കും ദൈവപുത്രനാണെന്ന് പറയുന്നതിലേക്കും എത്തിയത് സ്നേഹമാണ് സഹോദരങ്ങളെ യേശു ക്രിസ്തുവിനോട് ഈസാനെ ബലിസ്യാനുള്ള വിരോധമല്ല ഈ സി അലൈഹലാമിനോടുള്ള സ്നേഹം അതുകൊണ്ടാണ് വേദക്കാരെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിരി കവിഞ്ഞു പോകരുതേ വേദക്കാരെ തകൂനു വസ്തുതയല്ലാതെ നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ സത്യമല്ലാതെ പറയുകയും ചെയ്യരുത് ും അറിയും അള്ളാഹുവിന്റെ റസൂലാണ് എന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഈസാനബിക്ക് ഒരു മഹത്വം കൽപ്പിക്കാൻ പറ്റില്ല ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ ദൂതനാണ് തൊട്ടിലിൽ വെച്ചും ആ നാവുകൾ ഉരുവിട്ടത് അതാണ് നീ അബ്ദുല്ലാഹി റസൂൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് അള്ളാഹുവിന്റെ അടിമയാണ് എന്നാണ് അവിടെ നിങ്ങൾ നിൽക്കാൻ പറ്റുള്ളൂ മൂന്ന് ദൈവത്തിന്റെ മൂന്ന് ഘടകങ്ങളിൽ ഒന്നാണെന്ന് നിങ്ങൾ പറയരുത് താലിസു തലാസൂലു ആ മൂന്ന് ത്രിയേകത്വത്തിലെ ഒരാളാണ് യേശു ക്രിസ്തു എന്ന് ഈസാ നബി അലൈഹി സ്വലാമെന്ന് നിങ്ങൾ പറയാൻ പാടില്ല ഈസാ നബി അലൈഹി സ്ലാമൊരു പ്രവാചകനാകുന്ന ഒരു പ്രവാചകനായിട്ട് നിങ്ങൾ കണക്കാക്കാൻ പറ്റുള്ളൂ മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകെടുത്ത അള്ളാഹുവിന്റെ വചനമാണ് ഈസു ഹിൻഹു അള്ളാഹുവിനടുക്കൽ നിന്നും അള്ളാഹു അയച്ച അള്ളാഹു കൊടുത്ത ഒരാത്മാവാണ് ഈസാ നബി അലൈഹി അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകരുതേ എന്ന് വേദക്കാരുടെ പറയാനുള്ള കാരണം അതാണ് സഹോദരങ്ങളെ വളരെ ഗൌരവമുള്ള ഒരു കാര്യമാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈവസ്ലമ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ഉണർത്തിയൊരു കാര്യമാണ് എവിടെ എത്തിയത് നിങ്ങള് മഹാത്മാക്കളും പുണ്യാ എവിട്ടം നാട്ടിൽ ചെന്ന് നോക്കിയാലോ എന്താ വച്ചാൽ ഏത് പ്രദേശത്ത് നോക്കിയാലുണ്ടാവും സഹോദരങ്ങളെ ഒരാദരണീയനായ ഒരു വ്യക്തി ഉണ്ടാവൂല്ലേ ഒന്നില്ലെങ്കിൽ അവിടെ ദർശനടത്തിയ ഒരാള് അല്ലെങ്കിൽ പള്ളി കൊണ്ടുടുന്ന ആള് ഏതെങ്കിലും ഒരാളുണ്ടാവൂലേ ആ പള്ളി ശ്മശാനത്തിൽ കിടക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് കബറുകൾ ഒരു കബറിന്റെ അടുക്കൽ ഒരു നാലിഷ്ടിക ഏറെ അതിന് കുറച്ചുയരം കൂടുതൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ ഒന്ന് ഇടക്കിടക്ക് വെട്ടി തെളിച്ചു കൊടുത്തു പിന്നെ എന്തു ചെയ്തു സഹോദരങ്ങളെ അവിടെ ചെറിയൊരു വിളക്ക് വെച്ചു അവിടെ ചെറിയൊരു പെട്ടി വെച്ചു അവസാനം അതിന്റെ മേലൊരു മേൽക്കൂരയുണ്ടാക്കി ആളുകൾ പള്ളിയിൽ വരുന്നവരെല്ലാം അവിടെ കയറി തിരിച്ചു പോകാവുന്ന അവസ്ഥയായി നോക്കൂ നിങ്ങൾ എത്ര പെട്ടെന്ന് ആ ഷിർക്കിലേക്ക് വരുന്നത് ആദ്യഘട്ടങ്ങളിൽ ശിർക്കില്ല പിന്നെ തനിച്ച് ശിർക്ക് അവിടെ സുജൂതുണ്ട് അവിടെ സുജൂതുണ്ട് സഹോദരങ്ങളെ അതിനെ തവാഫ് ചെയ്യുന്നു പ്രദക്ഷിണം ചെയ്യുന്നു ആളുകൾ അതിന്റെ അടുക്കൽ ആളുകൾ സമയം ദീർഘസമയം ഇരിക്കുന്നു ഏത്തിക്കാപ്പിരിക്കുന്നു എല്ലാ കാര്യങ്ങളിലേക്കും അത് എത്തിച്ചേരുന്നു അതുകൊണ്ട് ആദരവുകൾ ഒരിക്കലും ആരാധനയിലേക്ക് എത്താതിരിക്കാൻ പ്രത്യേക ഉപദേശം അള്ളാഹു വിശുദ്ധ ഖുർആാലും നൽകിയിരിക്കുകയാണ് രണ്ടാമത് പണ്ഡിതന്മാർ ഷിർക്കിലേക്ക് എത്തുന്ന വസീലയെക്കുറിച്ച് മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ടാമത് പറഞ്ഞൊരു കാര്യമാണ് എന്തറിയോ അമിതമായി പുകഴ്ത്തുക സഹോദരങ്ങളെ ആളുകൾ ചോദിക്കും നബി സുല്ലാഹു വല്ല മഹത്വപ്പെടുത്തുന്നതിലും പ്രവാചകനെ പ്രകീർത്തിച്ച് പാടുന്നതിലും എന്തു തകരാറ് ഒരു തകരാറുമില്ല സഹോദരങ്ങളെ ആളുകൾക്ക് സത്യത്തിന്റെ സന്ദേശവും ദാഴ്വത്വത്തിനക്ക് നല്ല വരികൾ അറബിയിലും മലയാത്തിലും ചെല്ലിയാലും ഒരു പ്രശ്നമല്ല പക്ഷേ ആ വരികൾ ഒന്ന് നന്നായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മഹാനായ റസൂൽ കരീം സലഹു അലൈവസലമക്ക് നിശ്ചയിക്കപ്പെട്ട ആ പദവിയുടെയും സ്ഥാനത്തിന്റെയും വർണ്ണനെയും അപ്പുറത്തേക്ക് കിടക്കുന്നു അന്ത മുൻജീൻ ആ നാളെ നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കുവാനുള്ള നബിയേ എന്ന് പറയാം സഹോദരങ്ങളെ പരലോകത്ത് ആരെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല ിൽ കിടക്കുന്ന ഒരാളെ കരകേറ്റുവാൻ നിനക്ക് പറ്റുമോ നബിയെ എന്ന് സൂറത്ത് അല്ലാഹു ചോദിക്കുന്നു ആർക്കും പറ്റൂല അള്ളാഹു അനുവദിച്ച നബിസ്ലാസമക്ക് സ്വതന്ത്രമായി കിട്ടുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് നോക്കൂ നിങ്ങൾ എത്ര കൃത്യമായിട്ടാണ് മറിയമ്മിന്റെ പുത്രനെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയത് പോലെ പുകഴ്ത്തരുതേ എന്നാണ് നിങ്ങൾ ക്രിസ്ത്യാനികൾ ഈസാനബിയെ പുകഴ്ത്തി എന്നാ പുകഴ്ത്തിയത് ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല ഈസാനബി അലി ഇസ്ലാമിന്റെ പ്രവാചകനായിട്ടും അള്ളാഹുവിന്റെ ഒരു ദാസനായിട്ടുമല്ല അവർ കണ്ടത് അതിന്റെ അപ്പുറത്തേക്ക് ആ പുകഴ്ത്തലുകൾ കടന്നുപോയി എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അതുകൊണ്ട് എന്നെ നിങ്ങൾ ഇത്രേ പറയാ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് മാത്രമേ പറയാൻ പറ്റൂള്ളൂ സഹോദരങ്ങളെ സമയത്ത് പേടിച്ച പേടിയാണ് അത് ഈ ലോകത്തെ അറിയിച്ചിട്ടുണ്ട് മരിക്കുന്ന സമയത്ത് അള്ളാൻ റസൂൽ അവസാനം വഫാത്തിനോട് അടുത്ത് കിടക്കുമ്പോൾ കൊടുത്ത ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ് കല്ലാഹുവിന്റെ ശാപം എന്താ സഹോദരങ്ങളെ ജൂതനായി ജനിച്ചത് ക്രിസ്ത്യാനിയായി ജനിച്ചത് അല്ല പിന്നെയോ ഇത്ത പ്രവാചകന്മാരുടെ കബറുകളെ അവർ ആരാധനാ സ്ഥലങ്ങളാക്കി നമ്മളിവിടുന്ന് ഉറച്ചു പോയി ചില മുസ്ലിം രാഷ്ട്രങ്ങൾ തന്നെ പോയി ഒക്കെ നമുക്ക് കാണാം മറ്റും അക്കൂബ് നബിന്റെ കബറ് സഹോദരങ്ങൾ ആർക്കും ലോകത്തൊരു പ്രവാചകന്റെ കബർ മുഹമ്മദ് മുസ്തഫ സ്ലാസുന്റെ കബറല്ലാതെ വേറൊരു കബറും എവിടെയാണെന്ന് റസൂല ചൂണ്ടിക്കാണിച്ചു തന്നില്ല റസൂൽ ചെയ്തില്ല ഇരുപത്തിമൂന്ന് കൊല്ലം ലോകത്തെവിടെയും ഒരു പ്രവാചകന്റെ കബറിലും നബിസ്ലാസും പോയിട്ടില്ല ഒരു കബറും ചൂണ്ടിക്കാണിച്ച് ഇത് ഇന്ന നബിയുടെ കബറാണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുമില്ല ആളുകൾ പല രൂപത്തിലും പല കബറുകളെയും പല പ്രവാചകന്മാരുടെയും പേരിട്ട് വിളിക്കുന്നു നോക്കൂ നിങ്ങൾ ഇത് നിങ്ങൾക്ക് സംഭവിക്കരുത് മഹാനായ റസൂൽ കരി വാഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഷിർക്കിലേക്ക് എത്തിയത് അവിടെ പ്രവാചകന്മാരുടെ കബറുകളെ ആരാധനാലയങ്ങളാക്കിയത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളത് സംഭവിക്കരുത് സഹോദരങ്ങളെ നാം കണിശമായും കൃത്യമായും സൂക്ഷ്മത പാലിക്ക മാത്രമല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ ആഗ്രഹിക്കണം പള്ളി ശ്മശാനത്തിന്റെ പൊതുസ്ഥലത്ത് എല്ലാരെ കവറും ഒരേപോലെ അതാണ് ഇസ്ലാം എല്ലാരെ കവറും ഒരേപോലെ രാജാവിന്റെ കവറും പ്രജന്റെ കവറും വലിയ പണ്ഡിതന്റെ കവറും എല്ലാം ഒരേപോലെ സഹോദരൻ ഒരു കല്ലും ഏറെയില്ല അത് കുമ്മായ മിട്ടിട്ടില്ല അതിന് വേലി കെട്ടിയിട്ടില്ല ഒന്നുമില്ല എല്ലാം അതാ ഇസ്ലാമില്ലേത് അബിസിനിയായിലെ അബീസിനിയായിലെ ഒരു കനീസയിൽ ഒരു ചർച്ചിൽ ചില ചിത്രങ്ങളും രൂപങ്ങളും കണ്ടപ്പോൾ അത് ഉമ്മുസലമാർ റതി അള്ളാഹുഅള്ളാസിനോട് വന്ന് പറഞ്ഞു നബിന്റെ ഭാര്യ ഇങ്ങനെ അവിടുത്തെ ആ എത്യോപ്യയിലെ കനീസയിലെ കുറെ ചിത്രങ്ങളും രൂപങ്ങളും ബിംബങ്ങളും ഒക്കെ ഉണ്ടല്ലോ നബിസാസിനോട് പ്രതികരിച്ച വാക്കുകൾ നമ്മൾ ആലോചിക്കുന്ന സഹോദരങ്ങളെ ഇന്ന ഉല ഇതൊറു അവരെ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യണ്ടായാൽ ജൂതക്രിസ്ത്യാനികളെ പതിവട നല്ല മനുഷ്യൻ അവരെ കൂടത്തിൽ ജീവിച്ചാൽ അങ്ങനെ അയാൾ മരിച്ചാൽ ആളുകൾക്ക് വന്ന ആരാധനകൾ ചെയ്യാൻ ഒരു പൊര അതിന്റെ മേലെ അവർ പണിയും എന്നിട്ട് അവർ ഓരോരോ ചിത്രങ്ങളും രൂപങ്ങളും അതിന്റെ അടുത്ത് ഉണ്ടാക്കി വെക്കും അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ ഹൽഖ് എന്താ നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ദുഷിച്ച അടിമകൾ അവരായിരിക്കുന്നാണ് സഹോദരങ്ങളെ അതിലേക്ക് പോകുന്ന വഴിയെ എത്ര ശക്തമായിട്ട് അതിന്റെ വിശ്വാസം നോക്കൂ നിങ്ങൾ ിൽ വിളക്കു വെക്കും എന്നാരു പറഞ്ഞു നോക്കും നിങ്ങൾ അത് അന്ന് വിരോധിച്ചില്ലേ സന്ദർശിക്കാൻ പോകുന്ന പെണ്ണുങ്ങളെ ആ ഖബറിന്റെ മേൽ കെട്ടിടം ഉണ്ടാക്കുന്നവരെയും പള്ളി ഉണ്ടാക്കുന്നവരെയും വിളക്കു കത്തിക്കുന്നവരെയും ഖബറിന്റെ അടുക്കൽ പോയിട്ട് വിളക്കുന്ന് എണ്ണ ഇങ്ങനെ നാവിലും തലയിലും വെച്ചു പോകുന്ന ദുരന്ത കാഴ്ച സഹോദരങ്ങളെ നമ്മുടെ നാടുകളിൽ പോലും ദർഗകളിലും ജാരങ്ങളിലും നമുക്ക് കാണാൻ പറ്റും ഇവിടെ നാം മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടത് അവർക്ക് പരലോകത്ത് പ്രതീക്ഷിക്കാനൊന്നുമില്ലല്ലോന്നാണ് അതാ നമ്മുടെ സങ്കടം സഹോദരങ്ങളെ ഒന്നുമില്ല നരകമാണ് നിസ്കരിച്ച നമസ്കാരങ്ങൾ വെറുതെ ജീവിതം വെറുതെ ഒന്നും പരലോകത്ത് ഒരു പ്രതീക്ഷയും ഇല്ലാതെ പോകും ആ കൂടത്തിൽ നമ്മുടെ വാപ്പുണ്ടാവാൻ പറ്റൂ സഹോദരങ്ങളെ നമ്മുടെ അയൽവാസി ഉണ്ടാവാൻ പറ്റൂ നമ്മുടെ മകളെ കല്യാണം കഴിച്ച മരുമകൻ ഉണ്ടാവാൻ പറ്റൂ നമ്മുടെ അയൽവാസി ഉണ്ടാവാൻ പറ്റൂ നാം ആഗ്രഹിക്കണം ആത്മാർത്ഥമായി ആഗ്രഹിക്കണം അവിടെയാണ് സഹോദരങ്ങളെ യഥാർത്ഥ വിശ്വാസം പ്രതിഫലിക്കുന്നത് വിളക്ക് കബറങ്ങന്തിനാ വിളക്ക് സഹോദരങ്ങളെ ആ വിളക്ക് കത്തിച്ച് അത് മറ്റുള്ള മതസ്ഥരെ പോലെ ആരാധനകൾ നടത്തുമെന്ന് പ്രവചിച്ചത് അള്ളാഹുവിന്റെ റസൂൽ നാം കൺമുഞ്ഞിലത് കണ്ടുകൊണ്ടിരിക്കുന്നു നോക്കു നിങ്ങൾ ഇന്നലെ പോലും കണ്ടു ഒരു കബറിന്റെ മുകളിൽ ചെറിയൊരു വീട് ഒരു പെരകെട്ടിയിരിക്കാൻ അതിങ്ങനെ കാല് പിടിച്ച് കൊണ്ടെടുക്കാൻ പറ്റും അടുത്ത കബറങ്ങൾ എന്നിട്ട് അതിന്റെ ഉള്ളിൽ രണ്ട് സ്റ്റൂള് അവിടെ ഒരു എമർജൻസി ഒക്കെ വെച്ചിട്ട് അവിടെ എന്ത് ദിവസങ്ങളോളം ഇരുന്നൊരാൾ ഓത് നബിസ്ലാസമന്റെ ഹദീസ് പ്രത്യക്ഷമായി ആ പള്ളി മിമ്പറിന്റെ മികരാവിൽ കിടക്കുന്നു ആ ഹദീസിൽ എന്താള്ളത് ലാ തലൈഹ അതിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല സഹോദരങ്ങളിൽ വ്യക്തമായ വാക്കുകൾ നമ്മുടെ വാപ്പനെക്കാൾ ഉമ്മനെക്കാൾ സ്നേഹിക്കുന്ന റസുൽദാന്റെ വാക്ക് വളരെ കൃത്യമായി ലോകത്തിന്റെ ഉപദേശമായി കിടക്കുമ്പോൾ ആ കബറുമ പണ്ഡിതന്മാരുടെയും ആളുകളുടെയും എല്ലാവരുടെയും അറിവോടും സമ്മതത്തോടും അവരു കൂടെ എവിടെക്കാണ് എത്തുക ഷിർക്കിലേക്കാണ് സഹോദരങ്ങൾ ഈ വഴി തുറക്കുന്നത് നാം വളരെ ഗൗരവപരമായി ആലോചിക്കണം അലീബിന് അബിയുബ് റതി അല്ലാൻ തന്നെ പ്രവാചിന് ഏൽപ്പിച്ചൊരു ദൗത്യം അബുൽ ഹയ്യാജ് റതി അള്ളാവിനെ വിളിച്ച് ഏൽപ്പിച്ചു കൊടുത്തു അലീബിന് അബിയുബി ഏൽപ്പിക്കുകയാണ് അബുൽ ഹയ്യാജിനെ ഒരു പ്രതിരൂപങ്ങളിൽ ഒരു ചിത്രങ്ങളും ഒഴിവാക്കരുത് ഉടച്ചു കളയണം ഒരു പൊന്തിനിൽക്കുന്ന വല്ല കവറും എവിടെങ്കിൽ കണ്ടാൽ അതിന് നിരപ്പാക്കണം അല്ലാതെ ഉപദേശം കൊടുത്തത് ഇമാ മുസ്ലിബിന്റെ ഹദീസിനുണ്ട് സഹോദരങ്ങളെ ഗൗരവത്തോടെ കാണണം നമ്മുടെ കൺമുമ്പിൽ ഇത് നിറഞ്ഞു കാണുമ്പോൾ ഓരോരുത്തരെ എങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു കൂട കാരണം അവനോടൊരു സ്നേഹം നമുക്ക് വേണം പറ്റുമോ സഹോദര റോട്ടിൽ ഒരാള് പിന്നെ വീട് കടന്ന് രക്തമൊഴുകി കിടക്കുമ്പോൾ പെടന്ന് ജീവനുണ്ടെന്ന് മനസ്സിലായാൽ കടന്നു പോകാൻ കഴിയുമോ മനസ്സാക്ഷിയുള്ള ഒരുത്തൻ അതിലേറെ മാരകല്ലേ സഹോദര പള്ളിക്ക് മാസം വരിസംഖ്യ കൊടുത്ത് ജീവിതകാലം മുഴുവൻ ഒന്നൊഴിയാതെ നിസ്കരിച്ച് രാത്രി പോലും ഇരുന്ന് കുറാൻ പോകുന്ന എത്രയെത്ര സഹോദരിമാർ നമ്മുടെ വീടുകളിലുണ്ട് അവരൊക്കെ ഇത്തരം രംഗങ്ങളിൽ നമ്മൾ അവരെ കാണുന്നു എന്ന് വരുമ്പോൾ എന്താ പ്രയാസം നിമിശാസമായി എല്ലാ വഴിയും അടച്ചു നീ ഏതെങ്കിലും ഒരു കാലത്തിൽ പുതിയ പുണ്യ കേന്ദ്രം വരണ്ടാന്ന് വിചാരിച്ചിട്ട് നബിസ്ലാസമ്മ ഉള്ള പുണ്യ കേന്ദ്രങ്ങൾ പ്രത്യേകം നിർവചിച്ചു കൊടുത്തു ഒരു പുണ്യയാത്ര നിങ്ങൾ പോകാൻ പാടില്ല ഇല്ലേ മൂന്ന് സ്ഥലമേ ഉള്ളൂ ഒരു മുസ്ലിമിന് പ്രത്യേക പുണ്യം ഉപയോഗിച്ച് പോകാൻ പറ്റിയ മൂന്നേ മൂന്ന് പള്ളി മാത്രം ലോകത്ത് ഇനി പുതിയ പള്ളി ഉണ്ടാകുന്ന പ്രശ്നല്ല നബിസ്ലാസമ്മന്റെ വഹി നിലക്കുന്നതുവരെ മൂന്ന് സ്ഥലം നബിസ്ലാസമ്മ വിശുദ്ധ സ്ഥലങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഒന്ന് മസ്ജിദി ഹാദാ ഈ അധീനത്തെ പള്ളി വൽ മസ്ജിദുൽ ഹറം അതേപോലെ തന്നെ മക്കത്തെ പള്ളി വൽ മസ്ജിദുൽ അക്സ ഇമാം ബുഹാരിന്റെ ഹദീസാണ് സഹോദരങ്ങളെ ലോകത്തോട് ധൈര്യ സമയം നമ്മൾ പറയണ്ടേ മൂന്ന് പുണ്യ മുസ്ലിങ്ങൾക്ക് ലോകത്തുള്ളൂ അത് നിർണയിച്ചുപോയി വേറെ നാലാമത്തൊരു സ്ഥലത്തുക്ക് പുറപ്പെട്ടാൽ അത് ഷിർക്കിലേക്കുള്ള പുറപ്പാടാണ് സഹോദരങ്ങളെ എല്ലാം പണ്ഡിതന്മാരെ എത്ര സൂക്ഷിച്ചു ഞങ്ങൾ സന്ദർശനം ഇസ്ലാമിൽ ഷിർക്കി ആയതും ഖബർ സിയാറത്തെ ഖബർ സിയാറത്തിന് പോകാം എന്ത് എങ്ങനെ പോകാം അവിടെ പോകുമ്പോൾ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാം പരലോകത്തെക്കുറിച്ച് ഓർമ്മ ഉണ്ടാകാൻ വേണ്ടി പോകാം അയാൾക്ക് സലാം പറയാൻ വേണ്ടി പോകാം ഈ മൂന്ന് കാര്യങ്ങളല്ലാതെ ഒരു ലക്ഷ്യത്തിനും സിയാറത്തിന് പോകാൻ പറ്റൂല അല്ലാത്ത സിയാറത്ത് എന്താണ് മയ്യത്തെ ഹാജത്തു മയ്യത്തിനോട് ആവശ്യം തനിക്കെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ആ കബറുകിടക്കാൻ ആളോട് പറയാൻ പോയാൽ മയ്യസ് അലുല്ലാഹ് താലബിൽ മയ്യത്തി ആ മയ്യത്തിനെ മുൻനിർത്തി ചോദിക്കാൻ പോയാലോ അതൊക്കെ സഹോദരങ്ങളെ ചെറുക്കിലേക്ക് നമ്മളെ നയിക്കുന്ന വഴികളാണ് എല്ലാം അടച്ചു പോണാളുകളോട് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം നൽകിയിട്ടുണ്ട് നാം വളരെ ഗൗരവത്തോടെ എത്ര മാത്രം നിറയങ്കില് ഹദീസുകൾ കുറേ പറയാണ് സഹോദരങ്ങൾ ഇന്ത്യ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും നിസ്കരിക്കേണ്ട നിസ്കാരം വിരോധിച്ച സമയമാണ് സൂര്യൻ മധ്യത്തിലെത്തുമ്പോൾ അതേപോലെ തന്നെ പിന്നെ ഉദിച്ചു വരുന്ന അസ്തമിക്കുന്ന സമയത്തും അത് സൂര്യാരാധകന്മാരുടെ നിസ്കാരാണ് അപ്പൊ ആ സമയത്തോട് പോലും യോജിച്ചു വരണ്ടു അത്ര ഗൗരവത്തിൽ ഇസ്ലാം എല്ലാ പഴുതുകളെയും അടച്ചു കൊടുത്തു സഹോദരങ്ങളെ പിന്നെ ഷിർക്കിലേക്ക് പോകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗഹീദിൻ നമുക്ക് സംശയം ഉണ്ടാവാൻ പറ്റൂല ഷഹാദത്ത് കെലിമന്റെ അർത്ഥത്തിൽ ഒരു സംശയം ഉണ്ടാവാൻ പറ്റില്ല അത് നമ്മൾ സംശയം തീർത്തു പഠിച്ചേ പറ്റൂ അതിന് ചെറിയൊരു സംശയം ഉണ്ടായാൽ ആ സംശയത്തിന്റെ പഴുത് നമ്മളെ ഷിർക്കിലേക്ക് എത്തിക്കും വളരെ കൃത്യമായ കാഴ്ചപ്പാടും അറിവും നമുക്കില്ലെങ്കിൽ ഏതു സമയത്തും നമ്മൾ പഴച്ചു പോകാൻ സാധ്യതയുണ്ട് വളരെ കണിശമായി എന്തുകൊണ്ട് ശിർക്കാകുന്നു എന്തുകൊണ്ട് ശിർക്കാകാതിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധവും അറിവും നമുക്ക് വേണം അപ്പോൾ ശിർക്ക് ഇല്ലെന്ന് നമുക്ക് സമാശ്വസിക്കാം പരലോകത്ത് നമുക്ക് പ്രതീക്ഷകളുണ്ട് പക്ഷെ സഹോദരങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും അത് സംഭവിച്ചു പോയാൽ പൊറുക്കപ്പെടാത്ത പാപം നരകത്തുനിന്ന് പുറത്തുകടത്താത്ത പാപം സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്ന പാപം എപ്പോഴെങ്കിലും അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചു തേരുന്ന അള്ളാഹു അല്ലാത്തവരിൽ അറുക്കപ്പെട്ടിൽ നിന്ന് മാംസം കഴിക്കേണ്ടി വരുന്ന ഉറുക്കുകളോ ഏലസുകളോ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ വരാതിരിക്കുവാനും എല്ലാ വഴികളും അടച്ച് അള്ളാഹുയുടെ ആത്മാർത്ഥമായി ശിർക്കിൽ രക്ഷ തേടുകയും തൗഹീദിൽ അടിയുറച്ച് നിൽക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും വേണം തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് കെലിമത്തുച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ സത്യവിശ്വാസിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാം അലഹമുല്ല അള്ളാഹു മുസല്ലിാല മുഹമ്മദിൻ വാലാലി മുഹമ്മദ് കമാസത്താലിം ആലാലി ഇബ്രാഹീം ഒബ അരികാല മുഹമ്മദിൻ വാലാലി മുഹമ്മദ് കമാ ബാറത്താലിം ആലാലി ഇബ്രാഹിം ഇന്ന അഹമീദും മസ്ജിദ് സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ അള്ളാഹുനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്തു പന്ത്രണ്ട് മാസങ്ങളിൽ നാലു മാസങ്ങളെ അള്ളാഹു വിശുദ്ധ മാസങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അർബഅത്തുറും ദുൽഖാദ് ദുൽഹിജ അതേപോലെ തന്നെ മൊഹറം അതിലിടയ്ക്ക് വരുന്ന ഒരു മാസമാണ് റജബ് മാസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ മാസം അള്ളാഹു വിശുദ്ധ കൽപ്പിച്ചൊരു മാസമാണെന്നുള്ളൊരു അറിവ് ഈ മാസത്തിൽ ജീവിക്കുന്നവർക്കുണ്ടാവണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കാരണം ഈ മാസങ്ങളിൽ ചെല്ലുന്ന തിന്മകൾ അല്പം ഗൗരവം ഈ മാസങ്ങളിൽ ചെല്ലുന്ന നന്മകൾ അതേപോലെ തന്നെ കുറച്ച് പ്രതിഫലം ലഭിക്കുന്നതുമാകുന്നതുകൊണ്ട് ഇത്തരം മാസങ്ങൾ വരുമ്പോൾ ആ മാസങ്ങളെ കുറിച്ച് പ്രത്യേകം ഓർമ്മപ്പെടുത്തപ്പെടാറുണ്ട് എസ് അരുനക്കാനിശ്ശേഖരിൽ ഹറാം കിത്താലു ഫിഹി കുൽ കിത്താലു ഫിഹിക്കബിയർ ഈ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് അഭിപ്രായം അവർ നിന്നോട് ചോദിച്ചാൽ നീ പറയണം കിത്താലു ഫിഹി കബിയർ ഭയങ്കര കുറ്റകരമായ കാര്യമാണ് ഈ മാസത്തിൽ യുദ്ധം ഈ ആയത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു ഇവിടെ ചെയ്യുന്ന തെറ്റുകൾക്ക് കൂടുതൽ ശിക്ഷ ഈ സന്ദർഭത്തിൽ ലഭിക്കാൻ കാരണമുള്ളതാണെന്ന് സഹോദരങ്ങളെ ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ തിന്മകളെയും ഉപേക്ഷിക്കുവാനും എല്ലാ നന്മകളെയും സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാകണം ഇമാ അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും വേണം ഒരു യാത്രാ സംഘം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അതിന്റെ കയ്യിൽ ഭക്ഷണമുണ്ട് പക്ഷെ പാകം ചെയ്യാൻ തീയില്ല അപ്പോൾ അവരൊരു തീരുമാനമെടുത്തു നമ്മളിവിടെ എങ്ങനെ എവിടെയും വിറകൊന്നും കാണാല്ല എങ്കിലും കിട്ടുന്ന ചെറിയ കമ്പുകഷ്ണങ്ങളും തുരുമ്പുകളും ഒക്കെ ഒന്ന് പെറുക്കിക്കൂട്ടാണ് അങ്ങനെ ധാരാളം ആളുകളുണ്ടരൊക്കെ അവിടെ ഇവിടെയും പോയി കിട്ടാവുന്ന ചെറുതും ചെറുതുമായ തുരുമ്പുകളും വിറക് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ എല്ലാം പാടും ഒരുമിച്ചൊരു സ്ഥലത്തിട്ട് തോക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം വേവാനുള്ള വിറകുണ്ടത് നീ പറഞ്ഞ ഉദാഹരണമാണ് ചെറു പാപങ്ങളെ ഒന്നോണ പറയാ ഒരു ചെറിയ ഹറാമായ ഒരു നോട്ടം ചെറിയൊരു പ്രവൃത്തി അതൊക്കെ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം ദുനൂപ് ചെറുപാപങ്ങൾക്ക് പറയാവുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു ജനതയെപ്പോലെയാണ് ഒരു താഴ്വരയിൽ അവരിറങ്ങിൻ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ കൊള്ളികൾ ഇങ്ങനെ കൊണ്ടുവന്നു ഹത്തു ഹുബ്സഹും അങ്ങനെ അവരുടെ ഭക്ഷണം അവർ പാകം ചെയ്തു ഈ ചെറു പാപങ്ങൾ എന്ന് പറഞ്ഞാൽ മയ്യുബിബുഹ യുഹദുബിഹ സാഹിബുഹ തൂലിക്കു അത് ആ പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്തിയും ആ പാപങ്ങൾ മൂലം നശിച്ചു പോകും എന്നിന്റെ വിശ്വാസം ഉപദേശിക്കുകയാണ് സഹോദരങ്ങളിൽ ചെറു ചെറു ദോഷങ്ങൾ ഒരു ജീവിതകാലത്തെ ചെറു കുറ്റങ്ങളെ ഒന്നിച്ചു ചേർത്ത് പരലോകത്ത് കണക്ക് കൂട്ടുമ്പോൾ ഒരു അത് വലിയ ഒരു തിന്മയായി നരകത്തിലേക്കുള്ളൊരു നിമിത്തമായി പരിണമിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ചെറു ദോഷങ്ങൾ ചെറുതല്ലേ എന്ന് വിചാരിച്ച് അവഗണിക്കാതിരിക്കുക അതേപോലെ തന്നെ നന്മകളെയും അത് ചെറുതല്ലേ ഞാനിപ്പോൾ പറസ്കരിച്ചിട്ടുള്ളോ എന്ന് വിചാരിച്ചിട്ടൊരു സുന്നത്ത് ഒഴിവാക്കാതിരിക്കുക പരമാവധി ചെറുതും ചെറിയ നന്മകളെ ജീവിതത്തിൽ കൊണ്ടുവരാനും ചെറിയ തിന്മകളെ നിരാകരിക്കാനും നാം തയ്യാറാകണമെന്നാണ് ഈ ഉദാഹരണം കാണിക്കുന്നത് എല്ലാ സമയത്തിലും സന്ദർഭത്തിനും അള്ളാഹു കൊടുത്ത പരിശുദ്ധിയും മഹത്വവും പാലിച്ചുകൊണ്ടും പരമാവധി ഇസ്ലാമിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അത് കുടുംബത്തിനും കൂടെ ജീവിക്കുന്നവർക്കും പകർന്നു നൽകിക്കൊണ്ട് നല്ല വിശ്വാസികളായി ജീവിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ സതുഹൃത്തരിൽ അള്ളാഹു നമ്മയവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നാഥ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ രക്ഷിതാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് സന്താനങ്ങൾ ഞങ്ങൾക്ക് നീ കൺകുടർമ പ്രധാനം ചെയ്യണമേ ഞങ്ങളുടെ രക്ഷിതാക്കളിൽ നിന്ന് ബന്ധുക്കളും തരണമാളുകൾ മരണപ്പെട്ടു പോയി കബറിലുണ്ട് അവിടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ അവിടെ അവർക്ക് സൌഭാഗം നീ പ്രധാനം ചെയ്യണമേ നാഥ അള്ളാഹുദിനായികൊണ്ട് കണ്ടുമുട്ടുന്ന യഥാർത്ഥ വിശ്വാസങ്ങളിൽ